ം എട്ട് അർത്ഥശ്രേഷ്ഠ രാജാവിന്റെ കാലത്ത് ബാബയിൽ നിന്ന് എന്നോടുകൂടെ പോന്ന പിതൃഭവനത്തലവന്മാരും അവരുടെ വംശാവലികളുമാവിത് ഫിനാസിന്റെ പുത്രന്മാരിൽ ഗർഷോ ഈഥാമാരിന്റെ പുത്രന്മാരിൽ ദാനിയൽ ദാവീദിന്റെ പുത്രന്മാരിൽ ഹത്തൂഷ് ശഖന്യാവിന്റെ പുത്രന്മാരിൽ പറോഷിന്റെ പുത്രന്മാരിൽ സെഖരിയാവും അവനോടുകൂടെ വംശാവലിയിൽ എഴുതിയിരുന്ന പുരുഷന്മാരും പഹദ് മോവാബിന്റെ പുത്രന്മാരിൽ സെരഹ്യാവിന്റെ മകനായ എല്യെ ഹോവനായിയും അവനോടുകൂടെ ഇരുന്നൂറ് പുരുഷന്മാരും ശഖന്യാവിന്റെ പുത്രന്മാരിൽ യഹസിയേലിന്റെ മകനും അവനോടുകൂടെ മുന്നൂറ് പുരുഷന്മാരും ആദ്യന്റെ പുത്രന്മാരിൽ യോനാഥന്റെ മകനായ ഏബദും അവനോടുകൂടെ അമ്പത് പുരുഷന്മാരും ഏലാമിന്റെ പുത്രന്മാരിൽ അഥല്യാവിന്റെ മകനായ യഷയ്യാവും അവനോടുകൂടെ എഴുപത് പുരുഷന്മാരും ഷഫത്യാവിന്റെ പുത്രന്മാരിൽ മീഖായേലിന്റെ മകനായ സെബദ്യാവും അവനോടുകൂടെ എൺപത് പുരുഷന്മാരും യോബാവിന്റെ പുത്രന്മാരിൽ യഹിയേലിന്റെ മകനായ ഓപദ്യാവും അവനോടുകൂടെ കൂടെ പതിനെട്ട് പുരുഷന്മാരും ഷെലോമീത്തിന്റെ പുത്രന്മാരിൽ യോസിഫിയാവിന്റെ മകനും അവനോടുകൂടെ നൂറ്ററുപത് പുരുഷന്മാരും ബേബായിയുടെ മകനായ സെഖരിയവും അവനോടുകൂടെ ഇരുപത്തെട്ട് പുരുഷന്മാരും അസാദിന്റെ പുത്രന്മാരിൽ ഹക്കാത്താന്റെ മകനായ യോഹാനാനും അവനോടുകൂടെ നൂറ്റിപ്പത്ത് പുരുഷന്മാരും അതോനികാമിന്റെ ടുവിലത്തെ പുത്രന്മാരിൽ എലിഫേല എന്നിവരും അവരോടുകൂടെ അറുപത് പുരുഷന്മാരും ബിഗ്വായുടെ പുത്രന്മാരിൽ ഊഥായിയും സബൂദും അവരോടുകൂടെ എഴുപത് പുരുഷന്മാരും ഇവരെ ഞാൻ അഹവായിലേക്ക് ഒഴുകുന്ന ആറ്റിൻ അരികെ കൂട്ടിവരുത്തി അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം പാളയമടിച്ച് പാർത്തു ഞാൻ ജനത്തെയും പുരോഹിതന്മാരെയും പരിശോധിച്ചു നോക്കിയപ്പോൾ ലേവ്യരിൽ ആരെയും അവിടെ കണ്ടില്ല ആകയാൽ ഞാൻ എലിയസർ അരിയേൽ ഷെമയ്യാവ് എൽ നാഥാൻ എൽ നാഥാൻ സെഖരിയാവ് മെസുല്ലാവ് എന്നീ തലവന്മാരെയും യോയാരീപ് എൽ എന്ന ഉപാധ്യായന്മാരെയും വിളിപ്പിച്ചു കാസിഫ്യ എന്ന സ്ഥലത്തിലെ പ്രധാനിയായ ഇദ്ദോവിന്റെ അടുക്കൽ അയച്ചു നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന് ശുശ്രൂഷകന്മാരെ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് അവർ കാസിഫയിലെ ഇദ്ദോവോടും അവന്റെ സഹോദരന്മാരായ ദൈവാലയദാസന്മാരോടും പറയേണ്ടുന്ന വാക്കുകളെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ അവർ ഇസ്രയേലിന്റെ മകനായ ലേവിയുടെ മകനായ മഹിളയുടെ പുത്രന്മാരിൽ വിവേകമുള്ളൊരു പുരുഷൻ ശേരബ്യാവു അവന്റെ പുത്രന്മാർ സഹോദരന്മാർ ഇങ്ങനെ പതിനെട്ട് പേരെയും മെരാരി പുത്രന്മാരിൽ ഹഷബ്യാവ് അവനോടുകൂടെ യശയ്യ അവന്റെ പുത്രന്മാർ സഹോദരന്മാർ ഇങ്ങനെ ഇരുപത് പേരെയും ദാവീദും പ്രഭുക്കന്മാരും ലേവ്യർക്ക് ശുശ്രൂഷക്കാരായി കൊടുത്ത ദേവാലയദാസന്മാരിൽ ഇരുന്നൂറ്റി ഇരുപത് പേരെയും ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ പേരൊക്കെയും കുറിച്ചു വച്ചിരുന്നു അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാ അറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു പിന്നെ ഞാൻ പുരോഹിതന്മാരുടെ പ്രധാനികളിൽ വച്ച് ശേരബ്യാവേയും ഹസബിയാവെയും അവരോടുകൂടെ അവരുടെ സഹോദരന്മാരിൽ പത്തുപേരെയും ഇങ്ങനെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു രാജാവും അവന്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവിടെയുള്ള ഇസ്രയേലരൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് അർപ്പിച്ചിരുന്ന വഴിപാടായ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും ഞാനവരുടെ കയ്യിൽ അറുനൂറ്റമ്പത് താലന്തു വെള്ളിയും നൂറ് താലന് വെള്ളി ഉപകരണങ്ങളും നൂറ് താലന്തു പൊന്നും ആയിരം തങ്കക്കാശു വിലയുള്ള ഇരുപത് പൊൻപാത്രങ്ങളും പൊന്നുപോലെ വിളയുള്ളതായി മിനുക്കിയ നല്ല താമ്രം കൊണ്ടുള്ള രണ്ടു പാത്രങ്ങളും തൂക്കിക്കൊടുത്തു ഞാനവരോട് നിങ്ങൾ ദൈവത്തിന് വിശുദ്ധന്മാരാകുന്നു ഉപകരണങ്ങളും വിശുദ്ധം തന്നെ വെള്ളിയും പൊന്നും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് ഔദാര്യദാനമാകുന്നു നിങ്ങളവയെ എരുശിലേമിൽ യഹോവയുടെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെയും ലേവിരുടെയും പ്രധാനികൾക്കും ഇസ്രയേലിന്റെ പ്രതിർഭവന പ്രഭുക്കന്മാർക്കും തൂക്കി ഏൽപ്പിക്കും വരെ ജാഗരിച്ച് കാത്തുകൊനെന്ന് പറഞ്ഞു അങ്ങനെ പുരോഹിതന്മാരും ലേവിരും ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും എരിശിലേമിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് തൂക്കപ്രകാരം ഏറ്റുവാങ്ങി എരിശിലേമിനെ പോകുവാൻ ഞങ്ങൾ ഒന്നാം മാസം പന്ത്രണ്ടാം തീയതി അഹവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടു ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു അങ്ങനെ ഞങ്ങൾ എരിശിലേമിൽ അവിടെ മൂന്ന് ദിവസം പാർത്തു നാലാം ദിവസം ഞങ്ങൾ ആ വെള്ളിയും പൊന്നും ഉപകരണങ്ങളും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ പുരോഹിതന്റെ മകനായ മെരേമോത്തിന്റെ കയ്യിൽ തൂക്കിക്കൊടുത്തു അവനോടുകൂടെ ഫീനഹാസിന്റെ മകനായ എലയാസാരും അവരോടുകൂടെ യേശുവയുടെ മകനായ യോസാബാ ബിന്നുവിയുടെ മകനായ നോവദ്യാവ് എന്നീ ലേവിലും ഉണ്ടായിരുന്നു എല്ലാം എണ്ണപ്രകാരവും തൂക്കപ്രകാരവും കൊടുത്തു തൂക്കമുക്കയും ആ സമയം തന്നെ എഴുതിവെച്ചു പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്ന പ്രവാസികൾ ഇസ്രയേലിന്റെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായിട്ട് എല്ലാ ഇസ്രയേലിനും വേണ്ടി പന്ത്രണ്ട് കാളയെയും തൊണ്ണൂറ്റാറ് ആട്ടുകൊറ്റനെയും എഴുപത്തേഴ് കുഞ്ഞാടിനെയും പാവയാഗത്തിനായിട്ട് പന്ത്രണ്ട് വെള്ളാട്ടുകൊറ്റനെയും അർപ്പിച്ചു അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗം ആയിരുന്നു അവർ രാജാവിന്റെ ആജ്ഞാപത്രങ്ങൾ നദിക്കിക്കരെ രാജാവിന്റെ സംസ്ഥാനപതിമാർക്കും നാടുവാഴികൾക്കും കൊടുത്തു അവർ ജനത്തിനും ദൈവത്തിന്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു